ഷേധി പ്രതിപത്ത അത്യന്തസന്നിധാനം അസം പ്രതിപത്യാത്മകം കുതസ്ഥാനം ആത്മഖ്യാതിയെ നിഷേധിക്കുകയാണ് അസന്നിധാന അഗ്രഹം ഇത് ഇതം രജതം എന്നുള്ള ഞാനുണ്ടാവും ഇതം രജതം ഇപ്പോ ആ അനുഭവം ഉണ്ടാകുന്ന സമയത്ത് രജതത്തിൽ രജതം നമ്മുടെ മുമ്പിലാണ് നമ്മുടെ നുമ്പി കാണുകയാണ് സന്നിധാനം രജതത്തിന്റെ സന്നിധാനം അപ്പൊ അവിടെ രജതത്തിന്റെ അസന്നിധാനം അവിടെ ഉണ്ടാവും നമ്മുടെ അനുഭവത്തിൽ ിതം രജതം എന്ന് പറയുന്നിടത്ത് ശ്രദ്ധിച്ചു മനസ്സിലാക്കുന്നത് രജതത്തിന്റെ അസന്നിധാനം നമ്മുടെ മുമ്പിനുള്ള ഞാനീ മൊബൈലിനെ അറിയുന്നു ഇത് മൊബൈലാണെന്ന് അറിയുന്നു ഈ സമയത്ത് ഈ മൊബൈലിന്റെ സന്നിധാനമാണ് ഇവിടെ ഉള്ളത് ഈ മൊബൈലിന്റെ അസന്നിധാനം ഇവിടെ ഉണ്ട സ്പോ എന്റെ മൊബൈലിന്റെ കാര്യം പറയണം ഞാനീ മൊബൈലിനെ അറിയുമ്പോ മൊബൈലിന്റെ സന്നിധാനമാണ് ഇവിടെ എന്നിട്ട് എന്റെ സന്നിധിയിലുണ്ട് ഈ മൊബൈലിന്റെ അസന്നിധാനം കൂടെയുണ്ടാ ഇണ്ട ഇല്ല ഇതെന്റെ സന്നിധിയിലാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സന്നിധാനം ഉണ്ട് മൊബൈലിന്റെ അസന്നിധാനം കൂടെ ഇല്ല ഇനി അസന്നിധാനത്തിന്റെ ജ്ഞാനം എനിക്കുണ്ടാ അത് ചോദിച്ചാൽ ഇത്ര പറഞ്ഞോ ഞാൻ ചോദിച്ചത് മാത്രമേ ചിന്തിക്കാവൂ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവരു ഞാൻ ചോദിക്കുന്നിടത്ത് മാത്രമേ എന്റെ ചോദ്യത്തിലേ ചിന്തിക്കാവൂ കടന്ന് ചിന്തിക്കാ പോയി ഈ മൊബൈലിപ്പോ എന്റെ മുമ്പിലുണ്ട് ഇപ്പൊ എന്റെ മുമ്പിലുള്ളതിനാണ് ഞാൻ ഇതിന്റെ സന്നിധാനം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കണ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ മൊബൈലിന്റെ അസന്നിധാനം എന്റെ മുമ്പിലുണ്ടാ മനസിലാവുന്നുണ്ടോ ഈ മൊബൈൽ എന്റെ മുമ്പിൽ ഇരിക്കുന്നതിനാണ് ഞാൻ ഇതിന്റെ സന്നിധാനം ഞാനിപ്പോ മൊബൈലിനെ അറിയുന്നു ഇപ്പോ അപ്പോ ഇതിന്റെ അസന്നിധാനം ഇവിടെ ഉണ്ടോന്നോ ചോദിക്കുന്നു സന്നിധാനമാണ് ിധാന ജ്ഞാനം ഉണ്ടെനിക്ക് ചോദിക്കുന്നതിന് ഉത്തരം മാത്രം അസന്നിധാന ജ്ഞാനം ഇല്ല ഉണ്ടന്നിധാന ജ്ഞാനത്തിന് അസന്നിധാന ഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന അസന്നിധാന ജ്ഞാനം ഇല്ലന്നപ്പൊ അസന്നിധാനാഗ്രഹം അപ്പൊ ഞാൻ മുതൽ ഇവിടെ ഇപ്പൊ അറിയുക എന്ന് ഇവിടെ എനിക്ക് എന്താ ഉള്ളത് ഈ മൊബൈലിന്റെ അസന്നിധാനത്തിന്റെ ആഗ്രഹമാണ് ഇത്തരം പറഞ്ഞു മനസിലായ അസന്നിധാന ആഗ്രഹം എന്ന് പറഞ്ഞു മനസിലായ എന്റെ മുമ്പിൽ മൊബൈലിരിക്കും ഇരിക്കുന്നാണ് എന്റെ സന്നിധാനം അപ്പൊ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതെന്റെ മുമ്പിലുള്ളത് കൊണ്ട് ഇതിന്റെ അസന്നിധാനം ഇവിടെ ഇല്ല അതുകൊണ്ട് എനിക്ക് ഇതിന്റെ അസന്നിധാന ഗ്രഹം ജ്ഞാനം ഇല്ല അതുകൊണ്ട് എനിക്കിപ്പോ ഇവിടെ ഉള്ളത് ഇതിന്റെ അസന്നിധാന അഗ്രഹമാണ് അസന്നിധാന അഗ്രഹമാണ് അസന്നിധാന അഗ്രഹമാണ് ഇനി ഞാൻ പറയണു ഇനി ഇത് രചത്തിലേക്ക് കൊണ്ടുവരിക രതത്തെ ഞാൻ കണ്ടുകൊണ്ടിരിക്കും രതത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രഹത എന്റെ മുമ്പിലുണ്ട് അപ്പൊ രഹതത്തിന്റെ സന്നിധാനമുണ്ട് അതുകൊണ്ട് അവിടെ അസന്നിധാനം ഇല്ല അതുകൊണ്ട് തന്നെ രതത്തിന്റെ അസന്നിധാനം ഞാനും ഉണ്ട് അപ്പൊ അസന്നിധാന അഗ്രഹമാണ് ഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് രഹതത്തിന്റെ അസന്നിധാന ആഗ്രഹമാണ് ഇനി ഞാൻ പറയുന്നത് നേതം രജതം എന്ന് പറയുമ്പോൾ ഞാൻ രഹതത്തിന്റെ അസന്നിധാന ആഗ്രഹത്തെ നിഷേധിക്കുന്നു നേതം രഹതം എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് രജതത്തിന്റെ അസന്നിധാന ആഗ്രഹത്തെ നിഷേധിക്കുന്നു കാരണം രതത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അസന്നിധാന ആഗ്രഹമാണ് രഥത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അസന്നിധാന അതെങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു രേതം മുമ്പിൽ ഇരിക്കുക എന്ന് പറയുന്നത് സന്നിധാനം രേതത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താണ് രേതത്തിന്റെ സന്നിധാനമാണതുകൊണ്ട് അസന്നിധാനം അവിടെ ഇല്ല അസന്നിധാനം ഇല്ലാത്തതുകൊണ്ട് അസന്നിധാനഗ്രഹമില്ല എന്നുവെച്ചാൽ അസന്നിധാന ആഗ്രഹമാണ് ഇപ്പൊ രേതത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ രേതത്തിന്റെ അസന്നിധാന ആഗ്രഹമാണ് നേതം അസന്നിധാന ആഗ്രഹത്തെ നിഷേധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്റെ അടുത്താണ് രജതം എന്റെ മുമ്പിൽ ഇല്ല എന്ന് നിഷേധിക്കുകയാണ് നേതം രജതം എന്ന് പറയുമ്പോ എന്താ നിഷേധിക്കുന്നത് രജതം എന്റെ മുമ്പിൽ ഇല്ല എന്ന് നിഷേധിക്കുകയാണ് അതിനാണെന്ന് പറഞ്ഞത് അസന്നിധാന നിഷേധം മനസ്സിലായോ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ പറയൂന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ പറയൂ സന്നിധാനത്തിന്റെ സന്നിധാനം ഇല്ല സന്നിധാനം അത് ഇടയ്ക്ക് വിട്ടു പോയി ഞാൻ പറഞ്ഞത് എല്ലാം പറഞ്ഞു പോയിന്റുകൾ എല്ലാം പറഞ്ഞു സന്നിധാനം അസന്നിധാനം അതിന്റെ അസന്നിധാനം ഇല്ല അസന്നിധാനം ഇല്ലാത്തോണ്ട് അസന്നിധാനഗ്രഹമില്ല അതുകൊണ്ട് എപ്പോ എന്തിനെ ആ ഇത്രയും കറക്റ്റ് രേതത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ രേതത്തിന്റെ അസന്നിധാന ആഗ്രഹമുണ്ട് ഇനി രേതത്തെ നിഷേധിക്കുമ്പോഴോ ആ ഇത്രയുള്ളൂ എന്നുവെച്ചാൽ രേതം മുമ്പിലില്ല എന്ന് പറയുന്നതിന് എന്താണ് ിധാനാഗ്രഹമെന്ന് സന്നിധാനം എന്ന് പറയുന്ന വാക്കിനോടുകൂടി ഒരു നഞ്ഞ് ചേർത്തുന്നു നിഷേധാത്മകമായിട്ടാണ് ഗ്രഹം എന്ന് പറയുന്നതിനോട് ചേർത്ത് എന്ത് ചെയ്തു നഞ്ഞു ചേർത്ത് രേതം കണ്ടുകൊണ്ടിരിക്കുന്നതിന് അസന്നിധാന ആഗ്രഹമെന്ന് പറഞ്ഞു ഇപ്പൊ രേത കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നിഷേധ രൂപത്തിൽ പറയണന്ത് അസന്നിധാന ആഗ്രഹം ഇനി മുമ്പ് വരുന്ന ഭാഗം മുമ്പോട്ട് വരുന്ന ഭാഗം മനസ്സിലാകണമെങ്കിൽ ഇത് കൃത്യമായി അറിയാം രേതം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനാണെന്ന് പറയുന്ന അസന്നിധാന അഗ്രഹം ഇനി രഥ നിഷേധിക്കുന്നു നേതൻ രഹതം അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന രഥത്തെ നിഷേധിക്കുന്നു എന്ന് പറയുന്നതാണെന്ത് അസന്നിധാന ആഗ്രഹത്തെ നിഷേധിക്കുന്നു അപ്പൊ നേതരഹതം എന്നുള്ള നിഷേധമായി അവിടെ കുരിഞ്ഞു നോക്കുന്നു മനസ്സിലാകുന്നു അതിനകത്ത് ഇല്ലാത്ത പറ അസന്നിധാന അഗ്രഹ നിഷേധം ഇതാരാ പറയുന്നു ആ ആത്മഖ്യാതിയെ നിഷേധിക്കുന്ന ആര് അഖ്യാതിവാദി പറയാണ് നിങ്ങളുടെ ഈ രജതജ്ഞാനം രജത നിഷേധിക്കാന്ന് പറയുന്ന നിങ്ങളുടെ രജതജ്ഞാനം എന്ന് പറഞ്ഞാൽ അസന്നിധാന ആഗ്രഹമാണ് എന്താണ് അസന്നിധാന ആഗ്രഹ നിഷേധമാണ് നിങ്ങള് പറയുന്നു പറയുന്നു അങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞു ഈ പറയുന്നതിന് നിഷേധിക്ക പ്രയാസമാണ് എളുപ്പ ഇങ്ങനെ പറയും ഇവിടെ നേരിട്ടുള്ള പറയും നിഷേധാത്മകമായി പറയും ിധാന അഗ്രഹ നിഷേധ ചുരുക്കത്തിൽ രേതം മുമ്പിലില്ല എന്ന് പറയാണ് രചിതം എന്ന് പറയുന്നത് മനസ്സിലായു ഇപ്പൊ എന്റെ മുമ്പിൽ മൊബൈലിലിരിക്കുന്നു ഈ മൊബൈൽ ആരെങ്കിലും എടുത്തോണ്ടോ ഞാൻ പറയാണ് ഈ മൊബൈല് എന്റെ മുമ്പിലില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മൊബൈൽ എന്റെ ഉള്ളിയിരിക്കുന്നു എന്നാണോ എന്നർത്ഥം വരും ഏ അപ്പോ മുമ്പിലിരിക്കുന്ന രചതം നിഷേധിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ഇരിക്കാം ഉള്ളിലിരിക്കുന്ന എങ്ങനെ ഉള്ളിലിരിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും വേറെ എവിടെ ഇരുന്നാലും പറയാമോ മുമ്പിലില്ല ആത്മഖ്യാതിവാദികൾ പറയുന്ന എന്താണ് മുമ്പിലില്ല എന്ന് നിഷേധിച്ചാൽ അത് ഉള്ളിയിരിക്കുന്നു അഖ്യാതിവാദി പറയുന്നു മുമ്പിൽ ഇല്ലാന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ എവിടെയിരിക്കണം ഉള്ളിൽ തന്നെ ഇരിക്കണമെന്ന് യാതൊരു നിയമവും അടുത്ത് പറയുന്നത് അസന്നിധാന അസന്നിഹിതോ ഭവതി എന്നിട്ട് മുമ്പിലില്ലായിരിക്കും മനസ്സിലായോ ആരുടെ പ്രതിപത്തോ അറിയുന്നവന്റെ മുമ്പിലില്ലാതിരിക്കും മുമ്പിലില്ലായെന്ന് പറഞ്ഞാൽ അറിയുന്നവൻ്റെ മുമ്പിലില്ലായിരിക്കുക അത്രയേ ഉള്ളൂ പിന്നെ അത്യന്തസന്നിധാനം അത്യന്തസന്നിധാനം വെച്ചാൽ ഉള്ളിയിരിക്കുക പ്രതിപത്ത് അത്യന്തസന്നിധാനം അറിയുന്നവനോട് അത്യന്തമായി സന്നിധ അത്യന്തം എന്ന് വെച്ചാൽ അവനോട് ചേർന്നിരിക്കുക അവന്റെ ഉള്ളിയിരിക്കുക എന്ന് പറയുന്നത് പ്രതിപത്ത് അത്യന്ത സന്നിധാണ് പ്രതിപത്ത് രണ്ടിനോടും ചേർക്കണം കാണുന്നവന്റെ മുമ്പിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവന്റെ ുള്ളിലിരിക്കുകയെന്ന് അത്യന്ത സന്നിധാനം അസ്യ രജതസ്യ ഈ രേതം കാണുന്നവന്റെ ഉള്ളിലിരിക്കുന്നു അസ്യാന്ന് പറഞ്ഞ രജതസ്യ അതെങ്ങനെ പ്രതിപത്രിയാത്മകം അത് പ്രതിപത്താവ് തന്നെ അറിയുന്നവൻ തന്നെ ഇവിടെ അറിയുന്നവൻ ആരാണ് വിജ്ഞാനവാദിയുടെ അഭിപ്രായത്തിൽ വിജ്ഞാനമാണ് പ്രതിപത്രിയാത്മകം എന്ന് വെച്ചാൽ വിജ്ഞാന രൂപത്തിലാണതന്ന് കുതസ്ത്യം അതെങ്ങനെ ശരിയാകുന്നു ഒരു വസ്തുവും മുമ്പിലില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിജ്ഞാനവാദിയോട് പറയണം മുമ്പിലില്ലെന്നേന അർത്ഥമുള്ളൂ അത് ഉള്ളിലിരിക്കുന്നു എന്നങ്ങനെ വരും എന്ന് വെച്ചാൽ മുമ്പിലിരിക്കുന്ന വിജ്ഞാനവാദി പറയുന്ന എന്താണ് മുമ്പിലിരിക്കുന്ന രേതത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ രേത ഉള്ളിൽ വരുമെന്നാണ് ഇതെന്തേ നിഷേധിച്ചു കഴിഞ്ഞാൽ രേതം എന്തോരും ഉള്ളിൽ വരുമെന്നാണ് പറയുന്നു മുമ്പിലിരിക്കുന്നവേധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സന്നിധാനത്ത് നിഷേധിച്ചു കഴിഞ്ഞാൽ അതെവിടെയെന്ത അത് എന്താണ് അത്യന്തസന്നിധാനം അത് പ്രതിപത്രയാത്മകം പ്രതിപത്രിയാത്മകം പ്രതിപത്താവിന്റെ പ്രതിപത്രാത്മകം പ്രതിപത്രാത്മ പ്രതിപത്ത ആത്മാ പ്രതിപത്താവിന്റെ സ്വരൂപം അറിവുന്നവന്റെ സ്വരൂപമായി ആ രചനം ഇരിക്കുമെന്നുള്ളത് കൂത്തസ്ഥ എങ്ങനെ സംഭവിക്കും സംഭവിക്കില്ല എന്നർത്ഥം അതാണ് നിങ്ങൾ പറയുന്ന അബദ്ധമാണെന്ന് ആഖ്യാതിവാദി ആത്മഖ്യാതിവാദിയോട് പറയുന്നു മനസിലായോ അതുകൊണ്ട് പറയും പിന്നെ എന്താ ഇവിടെ സംഭവിക്കുന്നത് നേതം രചതം എന്ന് പറയുന്നിടത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറയുന്നു എന്നതം എന്ന് പറയുന്നിടത്ത് രചതത്തെ നിഷേധിക്കുന്നില്ല ആര് പറയുന്നു രതത്തെ ഇവിടെ നിഷേധിക്കുന്നില്ല എന്തുകൊണ്ടെന്ന് വിശദീകരിക്കും യും നിഷേധിക്കുന്നില്ല രഹതത്തെയും നിഷേധിക്കുന്നില്ല പിന്നെ എന്തിനാ എന്താ ഇവിടെ സംഭവിക്കുന്നത് നേത രജതം എന്ന് പറയുന്നിടത്ത് വിവേക അഗ്രഹ പ്രസഞ്ചിത രജതം ഇതം ഇത് വ്യവഹാരസ്യ രജത രജത മിരി വ്യവഹാരസം എന്നാലും വഴക്കമുണ്ട് രജതം ഇതം ഇതി വ്യവഹാരം അങ്ങനെ കുറച്ചുകൂടെ ഉണ്ട് കുറച്ചുകൂടെ സ്പഷ്ടമാവും രജതം ഇതി വ്യവഹാരസ അങ്ങനെയാണ് അപ്പൊ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണോ വ്യവഹാരത്തെയാണ് നിഷേധിക്കുന്നത് ഇതം എന്നെ നിഷേധിക്കുന്നില്ല രഹിതത്തെ എന്താണോ നിഷേധിക്കുന്നത് വ്യവഹാരമെന്ന് പറയുന്നത് ഇപ്പൊ ഒരാള് കാണും നേതം രചതം എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ ആദ്യയാളെന്താ പറഞ്ഞ ഇതരചതം ആ ശബ്ദപ്രയോഗം അതിന് നിഷേധിക്കുകയാണ് നേതൻ പിന്നെ എന്ത് ചെയ്യുന്നു ഇതം രചതം എന്ന് പറഞ്ഞിട്ട് അയാളെന്ത് ചെയ്യുന്നു കുനിഞ്ഞതെടുക്കാൻ പോയി വ്യവഹാരം പ്രവൃത്തി അതിനെയും നിഷേധിക്കുന്നു നേതൻ രചിതം എന്ന് പറഞ്ഞാൽ വ്യവഹാര നിഷേധമാണ് ശബ്ദപ്രയോഗത്തെയും പ്രവൃത്തിയും നിഷേധിക്കുകയാണ് ആ ശബ്ദപ്രയോഗം എന്താണ് ഇതം രജതം അല്ലെങ്കിൽ രജതം എന്നുള്ള ആ ശബ്ദപ്രയോഗത്തെ നിഷേധിക്കാനാണെന്ന് പറഞ്ഞത് നേതം രജതം ഇത് രജതമല്ല ഇപ്പൊ രചതം എന്നുള്ള പ്രയോഗത്തെ നിഷേധിച്ചു പിന്നെ രഹതം എന്നുള്ള ബോധം വന്നപ്പോൾ അയാൾ അവിടെ ഒരു പ്രവൃത്തി അയാൾ എന്താണ് കുഴഞ്ഞെടുക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അങ്ങോട്ട് പോയി ആ പ്രവൃത്തിയും നിഷേധിക്കുന്നു ം രചതം എന്നുള്ള ആ അറിവുണ്ടായപ്പം അയാൾ പ്രവർത്തിക്കാൻ തയ്യാറായി എന്തുകൊണ്ടയാൾ ഇതം രചതം എന്ന് പറഞ്ഞു ശബ്ദം പ്രയോഗിച്ചു അതിന് കാരണം വിവേക അഗ്രഹമാണ് വിവേക ആഗ്രഹം എന്ന് ചോദിച്ച അയാള് ഇത് വേറെയാണ് രഹതം വേറെയാണെന്ന് തിരിച്ചറിയുന്നു ആഖ്യാതിവാദി പറയുന്നത് ഇത് എന്ന് പറയുന്ന പ്രത്യക്ഷമാണ് മുമ്പിൽ കാണുകയാണ് രജതം എന്ന് പറയുന്ന സ്മൃതിയാണ് സ്മരണയാണ് ഇതോ എന്ന് പറയുന്നത് പ്രത്യക്ഷമാണ് രഹതം എന്ന് പറയുന്നത് അപ്പോ വും സ്മൃതിയും രണ്ടിനെയൊക്കെ വേർതിരിക്കാൻ കഴിയുന്നത് പ്രത്യക്ഷത്തെയും സ്മൃതിയെയും വേർതിരിക്കാൻ അതാണ് ഇവിടുത്തെ പ്രസിദ്ധം അത് വിശദീകരിക്കും അല്ല നിങ്ങൾ പറയുന്നതുപോലെ അവിടെ വിജ്ഞാനാകാരത്തിലുള്ള ഒരു രജതം പിന്നെ ഇദന്തെ നിഷേധിച്ചു ആ രഹതം വിജ്ഞാന രൂപത്തിൽ ഉള്ളിലിരിക്കുന്നതെന്ന് ശരിയല്ല ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണ് ഇതം രേതമെന്ന് പറയുന്നിടത്ത് ഇതം എന്ന് പറയുന്ന ഒരു പ്രത്യക്ഷമായ ജ്ഞാനവും രജതത്തിന്റെ സ്മൃതിയുമാണ് ഇവിടെ ഭ്രമൊന്നുമില്ല പക്ഷെ ഇത് പ്രത്യക്ഷമാണ് രജത സ്മൃതിയാണെന്നുള്ള തിരിച്ചറിവായ കല്ല അതാണ് വിവേക ആഗ്രഹ പ്രസഞ്ചിതം വിവേക ആഗ്രഹം കൊണ്ട് പ്രസഞ്ചിതമായ സമ്പാദിതമായ ഉണ്ടായതായ എന്താണ് രജതം ഇതം ഇത് വ്യവഹാരം അതുകൊണ്ട് രജതം ഇതോ എന്ന് പറയുന്ന ഒരു ശബ്ദപ്രയോഗവും പ്രവൃത്തിയും ഉണ്ടാക്കി അതിനെ രണ്ടിനെയും നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് നേതം രജതം എന്ന് പറയുന്നത് മനസ്സിലായ ാര് പറയുന്നു എന്ന് വെച്ചാഖ്യാതവാദിയുടെ പക്ഷത്തിൽ ഭ്രമമേ ഇല്ല ഭ്രമജ്ഞാനം എന്ന് പറയുന്ന ഒരു ജ്ഞാനമേ ഇല്ല പ്രഭാകരൂപയുടെ പക്ഷമാണ് പക്ഷെ ഇതം രചനം എന്ന് പറയുന്നൊരു അനുഭവം ഉണ്ട് അതില്ലെന്നല്ല പറയുന്നു രജസർപ്പു പറയുന്ന അനുഭവം ഉണ്ടല്ലെന്നല്ല പറയുന്നു ഇവിടെയൊക്കെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഏ ഇവിടേക്ക് എന്താ സംഭവിക്കുന്നു ഇതം രചതം എന്ന് പറയുന്ന ജ്ഞാനം ഉണ്ട് അയം സർപ്പ എന്ന് പറയുന്ന ജ്ഞാനം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇവിടേക്ക് എന്താ സംഭവിക്കുന്നത് ഒരു പ്രത്യക്ഷവും ഒരു സ്മൃതിയുമാണുള്ളത് ഈ രണ്ടു തമ്മിൽ വേറെതിരില്ലാത്തോണ്ട് നമ്മളെന്ത് പറയുന്നു ഇത് സർപ്പമാണെന്ന് പറയുന്നു ഇത് രചനമാണെന്ന് പറയുന്നു സർവത്ര അങ്ങനെയുണ്ട് സർവത്ര സംഭവിക്കുന്നത് പ്രത്യക്ഷത്തിന്റെയും സ്മൃതിയുടെയും വിവേകാഗ്രഹമാണ് അല്ല ഭ്രമം എന്ന് പറയുന്ന ഒരു കാര്യമേയില്ല മനസിലാകാം ലോകം പ്രപഞ്ചം എല്ലാം ഭ്രമമാണെന്ന് പറയുന്ന അദ്വൈതികളക്കാരായി അവർക്ക് ബ്രഹ്മവും പറയാം അവർക്ക് ബോധമില്ല ഏ വിവേകമില്ലാത്തവരെ സർവത്ര സംഭവിക്കുന്നത് ഒരു പ്രത്യക്ഷവും ഒരു സ്മൃതിയുമാണ് അത് തിരിച്ചറിയുന്നില്ല ഇത്രയേ ഉള്ളൂ വിവേകാഗ്രഹമെന്ന് പറയുമ്പോൾ എന്താണ് അത് പരസ്പരം തിരിച്ചറിയുന്നില്ലെന്നേ അവിടെ ഭ്രമമില്ല ആ അതൊരു നല്ല ചോദ്യമാണ് ചോദ്യം കറക്റ്റ് ചോദ്യമാണ് നിങ്ങളാരും ചോദിച്ചിട്ട് ബുദ്ധിമാന്മാരുടെ ചോദ്യമാണ് അവിടെ ഒരു അവിവേകം വന്നില്ലേ അപ്പൊ വീണ്ടും ഭ്രമം വന്നില്ലേ വന്നില്ലേ വിവേകാഗ്രഹം വന്ന അവിടെ ഒരു അവിവേകം വന്നില്ലേ അപ്പൊ ഭ്രമം വന്നില്ലേ ഈ ചോദ്യം ചോദിച്ചാളും ബുദ്ധിയുള്ള ആളാണ് ആര് പ്രഭാകരാണ് പ്രഭാകരപൂർവ്വം കഴിഞ്ഞാൽ എന്താണ് വിവേക അഗ്രഹം എന്ന് വെച്ചാൽ വിവേകജ്ഞാനമില്ല അത് വേറൊരു ജ്ഞാനം എന്ത് വിവേകജ്ഞാനം ഇല്ല അവിവേകമെന്ന് പറഞ്ഞാൽ അതൊരു ജ്ഞാനമാണ് വിവേകജ്ഞാനം ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ജ്ഞാനം ഇല്ല അപ്പൊ ബ്രഹ്മം ഉണ്ട ഒരു ജ്ഞാനം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥ ജ്ഞാനം ഇല്ല ബ്രഹ്മജ്ഞാനം പക്ഷെ അവിവേകം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറയാം അതുകൊണ്ട് അവിവേകം എന്നല്ല പറയുന്നു പിന്നെ എന്താണ് വിവേക അഗ്രഹം വിവേക ജ്ഞാനം ഇല്ലായ്മ ജ്ഞാനം ഇല്ലെന്ന് പിന്നെ അവിടെ എന്തെങ്കിലും ഞാനുണ്ടോ ബ്രഹ്മം വേണമെങ്കിൽ എന്ത് വേണം ഞാനും വേണം ബുദ്ധിയുള്ള ആളാണ് വിവേകാഗ്രഹം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പ്രഭാരഗുരുവിനെ പറയുന്നതിന് നിഷേധിക്കാന്ന് വരുന്ന എളുപ്പ പൊളി ഉപയോഗിക്കുന്ന തർക്കമെന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് അങ്ങനെ നിഷേധിക്കാന്ന് പറയുന്നത് എത്ര എളുപ്പമുള്ള കാര്യമാണ് വിവേകാഗ്രഹ ഉണ്ടായതായ രജതമിതം ഇത് വ്യവഹാരണം വ്യവഹാരത്തിന്റെ നിഷേധമാണ് ഭ്രമമില്ല എന്ന രജതമേവ ശുക്തികായം രേതജ്ഞാന ഇപ്പം വേറെ ആളൊന്നു തല നീട്ടി നോക്കിയു ഇതിന്റെ ഇടയ്ക്ക് അന്യഥാഖ്യാതി പറഞ്ഞു അവരുടെ ഒരു അഭിപ്രായം ഇടയ്ക്കു എന്ന് പറയുന്നുണ്ട് രണ്ടുപേരും വഴക്കുകൂടിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്കൊരാളൂന്ന് ഒരു അഭിപ്രായം പറയുണ്ട് ഏ ആ എന്താ പ്രശ്നം അതുപോലെ ഒരഭിപ്രായം ഇടയ്ക്കുന്ന് ഒരു വരി പറഞ്ഞിട്ട് പോകും അവരുടെ അഭിപ്രായമാണ് പറയുന്നത് എന്താണ് രജതമേവ ശുദ്ധികം പ്രസഞ്ജിതം എന്താണ് രജത രജതജ്ഞാനം കൊണ്ട് എന്താണ് ശുക്തിയിൽ രജതത്തെ ആരോപിച്ചിരിക്കുന്നു രജതജ്ഞാനം കൊണ്ട് ശുക്തിയിൽ രജതത്തെ ആരോപിച്ചിരിക്കുന്നു വെച്ചാ ഇത് താർക്കികന്മാരാണ് അന്യതാഖ്യാതെ അവർ പറയുന്നവിടെ ഭ്രമമുണ്ട് പക്ഷെ അദ്വീതി പറയുമ്പം പോലെ ഒന്നുമല്ല അവിടെ രജതജ്ഞാനം ഉണ്ട് അയാളുടെ ഉള്ളിൽ രജതജ്ഞാനം ഉള്ളതുകൊണ്ട് അയാളവിടെ എന്ത് ചെയ്യുന്നു ശുക്തിയിൽ രജതത്തെ ആരോപിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാച്ച അത് ശരിയല്ല അന്യാഖ്യാതി പറയുന്നത് ഇയാളി ഇടപെടേണ്ട കാര്യം ഇല്ല ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ആര് ആഖ്യാതിവാദിയും ആത്മഖ്യാതിവാദി എന്നുമുള്ള പ്രശ്നമാണ് നിങ്ങൾ ഇനി ഇടപെടേണ്ടത് അവരെന്നൊരു അഭിപ്രായം പറയണെന്താണ് രജതമേവ ശക്തികായാം പ്രസഞ്ചിതം രജതജ്ഞാന രജതം തന്നെയാണ് ശക്തികയിൽ രജതജ്ഞാനം കൊണ്ട് ആരോപിച്ചത് എന്തിനാണ് അവർ പറയുന്നത് എന്താണ് തത് അഭാവി തത്പ്രകാരകം എന്താണ് തർക്കസംഗലത്തിൽ പഠിച്ചെടുത്തോതി അംഗീകരിക്കുന്നു യഥാർത്ഥം പറയുന്ന ശരിയല്ല എന്തുകൊണ്ട് ശരിയല്ല അടുത്താരും വരുന്നു അഖ്യാതിവാദി പറയും നിങ്ങൾ പറയുന്ന ശരിയാവും രജത നിർഭാസ്യ ശുക്തികാലം യുക്തം ഒരു കാര്യം ഉറപ്പാണ് ഇതം രഹതം എന്നുള്ള ആ അനുഭവം രജതാനുഭവം അതെല്ലാവരും സംബന്ധിക്കും അത് ഭ്രമമായാലും ശരി സ്മൃതി ആയാലും എന്തായാലും ശരി ഇതം രഹതം എന്നുള്ള സ്ഥലത്ത് രചതജ്ഞാനമുണ്ട് എന്നു അപ്പോ ആഖ്യാതി വിവാദിച്ചു ഈ രജതജ്ഞാനത്തിന്റെ ആശ്രയം എന്താണ് രചിതംന്ന് പറയാൻ പറ്റുമോ എന്തുകൊണ്ടവിടെ രഹിതമില്ല പിന്നെ എന്തു പറയേണ്ടി വരും ശുക്തിക കാരണം ഹിതം രഹതം തന്നെ പറയുന്നു അപ്പൊ രഹിത രഹിതജ്ഞാനത്തിന്റെ ആശ്രയം എന്തെന്ന് പറയേണ്ടി വരും ശുദ്ധിക അത് ശരിയല്ല എന്തുകൊണ്ട് ശരിയല്ല ഒരു ജ്ഞാനത്തിന്റെ ആശ്രയം വേറൊരു വസ്തു ആകാൻ പാടില്ല അത് തന്നെയാണ് ഞാനിപ്പോ മൊബൈൽ കാണുന്നു ഈ മൊബൈലിനെ കുറിച്ചുള്ള ജ്ഞാനമുണ്ട് ഈ മൊബൈൽ എന്ന് പറയുന്ന ഈ ജ്ഞാനത്തിന്റെ ആശ്രയവും വസോ മൊബൈലിന് ഇപ്പൊ ബ്രഹ്മസ്ഥലത്തുകൂടി എന്ത് ജ്ഞാനം രജതത്തിന്റെ ജ്ഞാനമാണ് ഇപ്പൊ രജതജ്ഞാനത്തിന്റെ ആശ്രയം ഏ രജ്ഞാനത്തിന്റെ ആശ്രയം ചുറ്റാവാൻ പാടില്ല രഹതമാണെന്ന് പറയുന്നത് എന്തായാലും ശുക്തിയാകാൻ അതാണ് പറയുന്നത് രജത നിർഭാസ്യന്ന് വെച്ചാൽ രഹതജ്ഞാനത്തിന്റെ ശുക്തികാലംബന യുക്തം ശുക്തി ആലംബനമായിരിക്കാന്ന് പറയുന്നത് ശരിയല്ല എന്തുകൊണ്ട് അനുഭവവിരോധ അനുഭവവിരോധം വരുന്നത് എന്താണ് ഒരു ജ്ഞാനത്തിന്റെ ആലംബനം വേറെ ഒന്നാകത്തില്ല ഏത് ജ്ഞാനമായാലും ശരി രജത രജത നിർഭാസനം രജത നിർഭാസനം ഇതാ കുറച്ചുകൂടെ നല്ല ഇതാണ് രജത നിർഭാസ്യ ശക്തികാലം തരം എന്ന് പറയുന്ന കുറച്ചുകൂടാണല്ലോ മറ്റതും യോജിപ്പിക്കാൻ ശക്തികാലംബനം രഹത നിർഭാസനം ഈഷ അങ്ങനെ പറഞ്ഞാലും ശരിയാണ് കുഴപ്പമില്ല സത്താമാത്രേണാലംബനം അവ പറയും എന്താണോ അതായത് ധർമ്മം ഉണ്ടാകുന്ന സ്ഥലത്ത് രഹിതജ്ഞാനം ഉണ്ടാകുന്നുണ്ട് അതിന്റെ ആശ്രയ ശുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശുക്തിയുടെ ജ്ഞാനം ഉണ്ടാവണം അല്ലേ പറയുന്നു ആ ജ്ഞാനത്തിന്റെ ആലംബനം അവിടെ ശുദ്ധിയാണ് കിടക്കുന്നത് അത് ശുദ്ധിത്വേന ശുക്തിയല്ല പക്ഷെ എന്താണ് സത്താത്വേന ശുക്തിയാണ് എന്ന് പറഞ്ഞാൽ ശുദ്ധിയുടെ സത്ത അവിടെ ഉള്ളതുകൊണ്ടാണ് ശുക്തിയിൽ എന്ത് ജ്ഞാനം ഉണ്ടാകുന്നത് ഒരു ജ്ഞാനം ഉണ്ടാവും കയറിന്റെ സത്ത ഉള്ളതുകൊണ്ടാണ് അവിടെ എന്തുണ്ടാകുന്നത് സർപ്പജ്ഞാനം ഉണ്ടാകുന്നത് അപ്പോ അവിടെ ഒരു ഭ്രമജ്ഞാനം ഉണ്ടാകുന്നിടത്ത് അതിന്റെ ആലംബനമായിട്ട് എന്തോ ഒന്നിന്റെ സത്തയുണ്ട് ആ സത്താ രൂപത്തിൻ്റെ ഒരാശ്രയം അവിടെയുണ്ട് അത് ആ വസ്തുരൂപത്തിലൊന്നു പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ദ്രവ്യ രൂപത്തിൽ സത്താരൂപത്തിലെന്ന് പറയാൻ പറ്റില്ല വസ്തുരൂപത്തിലെന്ന് പറഞ്ഞാൽ ശുക്തിത്വേന എന്ന് പറഞ്ഞാൽ ശുക്തിയുടെ ജ്ഞാനം ഉണ്ടാവണം രജ്ജുത്വേന എന്ന് പറഞ്ഞാൽ സർപ്പജ്ഞാനം ഉണ്ടാകുമ്പോ എന്തുവേണം രജ്ജുവിന്റെ ജ്ഞാനം ഉണ്ടാവും രജ്ജുവിനെ രഞ്ജുത്വേന അറിയാമെന്ന് പറഞ്ഞാൽ എന്തുവരും സർപ്പജ്ഞാനത്തിൽ രജ്ജുവിനെ അറിയണം എന്നാ പിന്നെ സർപ്പജ്ഞാനം രേതജ്ഞാനത്തിൽ ശുക്തിത്വേന ശുക്തി ആശ്രയമായാൽ ശുക്തി എന്നുള്ള ജ്ഞാനം ഉണ്ടാവണം അങ്ങനെയൊന്നുമല്ല പിന്നെ എന്ത് പറയാൻ ഒരു വസ്തു ഉണ്ട് അപ്പൊ സത്താത്വേന എന്തോ ഒരു സത്തയെ ആശ്രയിച്ചിട്ടാണ് എന്ത് ഞാനുണ്ടായത് ഞാനുണ്ടായതെന്ന് പറഞ്ഞാലോ അത് ശരിയല്ല എന്നുവെച്ചാൽ ആലംബനം സത്ത ശുക്തിവേന അല്ല പിന്നെ സത്താത്വേന അവിടെ ഒരു വസ്തു ആശ്രയമായിരിക്കുന്നു ശുക്തി ആശ്രയമായിരിക്കുന്നു അത് ശരിയല്ല എന്തുകൊണ്ട് അതിപ്രസംഗ കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് ശുക്തിയിൽ ഉണ്ടാവുന്നു ആ രേതജ്ഞാനം ഉണ്ടാകുന്നിടത്ത് അവിടെ അടുത്ത പാറക്കല്ലുകടപ്പുണ്ട് പുല്ലുണ്ട് മണലുണ്ട് വേറെ എന്തെല്ലാം വസ്തുക്കൾ അവിടെ ഉണ്ട് ഇതിലെല്ലാത്തിനും സത്തയുണ്ട് അല്ലേ അപ്പൊ സത്താത്വനാശ്രയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശുക്തി ആണ് സത്താത്വേനു പറയാൻ പറ്റിയില്ല എല്ലാ സത്വത്വനാശ്രയമാകും അപ്പോ ആ രതജ്ഞാനത്തിന് സത്താത്വന് ഏത് വസ്തു ആശ്രയമാവാം എന്ന് പറഞ്ഞാൽ എവിടെയും രഹതഞ്ജാനം ഉണ്ടാവാം ശക്തി ചെയ്ത് മാത്ര അങ്ങനെ എവിടെയും ഉണ്ടാവും രേതഞാന ഏതു വസ്തുവിനും ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാകത്തില്ല എന്നുണ്ട് എവിടെയാണോ രജതവുമായിട്ട് സാദൃശ്യമുള്ള വസ്തുവിനെ ഉണ്ടാകത്തു സത്താത്വനെടുത്തോ എവിടെയും ഞാനോ ഉണ്ടാവാം ശക്തി ഞാൻ എവിടെ ഉണ്ടാകും കാരണം എന്തുകൊണ്ട് സത്യം എല്ലായിടത്തും ഉണ്ട് രഹിതം ഞാൻ ഉണ്ടാകുന്ന എല്ലായിടത്തും അവിടെ പലതിന്റെയും സത്യമുണ്ട് ഏതിനെ ആശ്രയിച്ച രഹത ഞാൻ ഉണ്ടാകുന്നു എന്ന് പറയേണ്ടി വരും പറയുന്ന സത്താമാത്രേണ് ആലംബനം സത്താമാത്രേണ് ആലംബനം എന്ന് പറയാൻ അതിപ്രസംഗ എന്തുകൊണ്ട് സർവേഷാം അർത്ഥാനാം സത്വ അവിശേഷ ഞാൻ പറഞ്ഞ കാര്യം അവിടെയുള്ള സർവവസ്തുക്കളും സത്താണ് അപ്പൊ ഏത് വസ്തു വരാം രേതജ്ഞാനത്തിന് ആലംബനമാകാം സർവേഷാം അർത്ഥമാണ് എല്ലാ വസ്തുക്കളും സത്വവിശേഷ എല്ലാം സത്താണ് അതുകൊണ്ട് ആലംബനത്തും പ്രസംഗി നാവി കാരണത്വേന ഇനിയിപ്പ ശുക്തിയില് എന്താണ് രഹിതജ്ഞാനം ഉണ്ടാകുന്നു ഇപ്പൊ രഹിതജ്ഞാനം ഉണ്ടാകുന്നതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ അപ്പോ അവിടെ കിടക്കുന്ന ശക്തി ശുക്തിത്വേന അല്ല രഹിതജ്ഞാനത്തിന് കാരണമായിട്ട് അതൊരു കാരണം കാരണത്വേനാ ആശ്രയം എന്ന് പറഞ്ഞാലും മനസിലായോ ഇത് ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അവിടെ വേണ്ടേ അപ്പൊ ഇതിന് കാരണത്വേനെ എടുക്കുക ശുക്തിത്വേനയല്ല സത്താത്വേന അല്ല കാരണത്വേനം കാരണത്വേനെ ശുക്തി ആശ്രയം എന്ന് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഇന്ദ്രിയാദിവിനാമഭി കാരണത്വം അങ്ങനെയാണെങ്കിൽ ഈ ജ്ഞാനം ഉണ്ടാകുന്ന സ്ഥലത്ത് കാരണമായിട്ട് ശക്തി മാത്രമല്ല ഉള്ള ഇന്ദ്രിയങ്ങളെ ഇത് എന്നൊരു വസ്തുവിനെ അറിയുന്നോണ്ടല്ലേ അവിടെ രേതജ്ഞാനം ഉണ്ടാകുന്നു ഇത് എന്ന് എന്തുകൊണ്ടറിയുന്നു കണ്ണുകൊണ്ട് കണ്ണുകൊണ്ടാണെന്നാണ് ഇതെന്നറിയുന്നു അപ്പൊ കാരണത്തിനെയാണ് ആശ്രയം കുറഞ്ഞ ശക്തിയെ പറയാൻ പറ്റില്ല ഇന്ദ്രിയങ്ങളെയും പറയേണ്ടി കാരണം ഇന്ദ്രിയങ്ങളും കാരണമാണ് ഒരു ജ്ഞാനത്തിന് കാരണം അവിടെ ഇത് എന്ന് ചക്ഷുരേന്ദ്രിയത്തിലൂടെ ഒരു വസ്തുവിനെ അറിയുന്നുണ്ട് അപ്പോ രൈതജ്ഞാനത്തിന് കാരണമായി ശുക്തിയെ മാത്രം എടുക്കാൻ പറ്റില്ല പിന്നെ ഇന്ദ്രിയെടുക്കണം ഇന്ദ്രിയങ്ങളെടുക്കണം എന്നാ കാരണത്വേനാ ഇന്ദ്രിയാദീനാമതി കാരണത്വ താസമാനത ആലംബനാർത്ഥ പിന്നെ എന്താണെന്ന് രജതജ്ഞാനത്തിന്റെ ആലംബനം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ് രജതാനുഭവം ഭാസമാണ് എന്ന് വെച്ചാൽ അനുഭവം എന്ന അർത്ഥം വേറൊന്നും പറയാൻ പറ്റില്ല രജതജ്ഞാനത്തിന്റെ ആശ്രയം എന്താണ് അനുഭവം എന്ന് പറയേണ്ടി വരും അനുഭവം എന്ന് പറയേണ്ടി വരും നുഭവം എന്ന് പറഞ്ഞാൽ എന്താ ചോദ്യം എന്തിന്റെ അനുഭവം നിങ്ങളെ അനുഭവം എന്ന് പറഞ്ഞാൽ മതി രജതജ്ഞാനത്തിന് ശുദ്ധി ആശ്രയമാണെന്നത് എന്താണ് അനുഭവപ്പെടുന്നു എന്തനുഭവപ്പെടുന്നു രജതജ്ഞാനെ ശുദ്ധികഭാസതം രീതി കഥം ആലംബനം നിങ്ങൾ പറയണം എന്താണ് അനുഭവം അനുഭവം തന്നെ എന്തിന്റെ അനുഭവം ശുക്തികയുടെ അനുഭവമാണ് അങ്ങോട്ട് പറയുന്നത് ശുക്തിക ആലംബനമാകണമെങ്കിൽ എന്ത് അനുഭവം ഉണ്ടാവണം ശുക്തികയുടെ അനുഭവം ഉണ്ടായാൽ രേഖ ഞാനും ഉണ്ടാവും അപ്പോ എങ്ങനെയാണ് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ അനുഭവം രേഖത്തിന്റെ അനുഭവം എന്തായാലും ഉണ്ട് രേതത്തെ അറിയുന്നുണ്ട് അതിന്റെ ആശ്രയം ശുക്തിയാകുന്ന എങ്ങനെ അനുഭവത്തിലൂടെയെന്ന് പറയണം എന്തനുഭവം ശുക്തികേട അനുഭവമാണോ ആണെങ്കിൽ രഹതജ്ഞാനോ ഇല്ലയെന്ന് വരും എന്നുവെച്ചാൽ രജതജ്ഞാനെ ശുക്തിക ഭാസ്തേ രഹതജ്ഞാനത്തിൽ ശുക്തികേട അനുഭവം ഇല്ല ഇത് കഥമാലംബനം എങ്ങനെ അത് ആശ്രയമാവും ശുക്തിക ഭാസ്തമാനത് അഭ്യമേ കഥം എന്ന അനുഭവ വിരോധം നിങ്ങൾ പറയുകയാണ് അവിടെ ശുക്തിയുടെ അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുഭവത്തിന് വിരോധമാണ് എന്തുകൊണ്ട് നമ്മുടെ അനുഭവത്തിൽ രജതജ്ഞാനമേ ഉള്ളൂ ശുക്തിജ്ഞാനം ഇല്ല ബ്രഹ്മസ്ഥലത്ത് കാര്യം വരെ ആണ് ഇതം രജതം എന്ന് പറയുന്നിടത്ത് എന്താണ് അവിടെ രജതജ്ഞാനമേ ഉള്ളൂ ശക്തിജ്ഞാനം ഇല്ല പിന്നെ എങ്ങനെയാണ് അതിന്റെ അനുഭവത്തിലൂടെ അത് ആശ്രയമാവുന്നു പറയുന്നു അത് അവരവരുടെ അനുഭവത്തിന് ഭാസമാനതാഭ്യവുമേ ശുക്തിക അനുഭവപ്പെടുന്നു എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ കഥം അനുഭവവിരോധ നമ്മുടെ അനുഭവവിരോധം വരുമുള്ള എങ്ങനെ വരാതിരിക്കും നമ്മളവിടെ ശക്തികയുടെ അനുഭവം ഇല്ല രേതത്തിന്റെ അനുഭവമേ ഉള്ളൂ അപ്പോൾ രേതാനുഭവങ്ങളുടെ അടുത്ത് ശുക്തികയുടെ അനുഭവം ഉള്ളെന്ന് പറയുന്നത് അബദ്ധമാണ് അപ്പോ പിന്നെ പറയേണ്ടി വരെ എന്താണ് രഹതജ്ഞാനത്തിന് ശുക്തി എങ്ങനെ ആശ്രയമാകുന്നു അത് പറയേണ്ടി വരും അപ്പൊ പറയാൻ കഴിയത്തില്ലാന്നർത്ഥം അപ്പൊ അത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് നിങ്ങൾ പറയുന്നത് എന്താണ് ശുക്തിയിൽ രചനമെന്നാണ് ബ്രഹ്മസ്ഥലത്ത് എന്താ പറയുന്നത് ശുക്തിയിൽ രചന ശുക്തി എങ്ങനെയാണ് രഹതജ്ഞാനത്തിന് ആശ്രയമാകുന്നതു പറയുന്നു ഒരു തരത്തിലും പറയാൻ പറ്റില്ല കാരണം പ്രധാനമായും അവിടെ ശക്തിയുടെ അനുഭവില്ല ശക്തിയുടെ അനുഭവം ഉണ്ട പിന്നെങ്ങനെയാണ് പിന്നെങ്ങനെയാണ് ശുതി ആശ്രയമാകുന്നത് അത് പറയാൻ കഴിയത്തില്ല